അദ്ദേഹം പറഞ്ഞു അവളാണ് എന്നെ പ്രലോഭിപ്പിച്ചത് അവളുടെ കുടുംബത്തിൽ നിന്നുള്ള ഒരു സാക്ഷി പറഞ്ഞു അദ്ദേഹത്തിന്റെ കുപ്പായം മുന്നിൽ നിന്നാണ് ഖീറിയതെങ്കിൽ അവൾ സത്യം പറഞ്ഞതാണ് അദ്ദേഹമാണ് കള്ളം പറയുന്നവൻ